എന്റെ ജനങ്ങളെ ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾ പ്രബലരായി ഭരണം നടത്തുന്നവരാണ് അള്ളാഹുസുബഹാനഹുവ തകാലായുടെ ശിക്ഷ നമുക്ക് വന്നാൽ അതിൽ നിന്ന് ആരാണ് നമ്മെ രക്ഷിക്കുക ഫിർ ഓൻ പറഞ്ഞു ഞാൻ കാണുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ നേർവഴിയായ പാതയിലേക്ക് മാത്രമേ ഞാൻ നിങ്ങളെ നയിക്കുന്നുള്ളൂ